ഓ ആദം സന്തതികളെ നിങ്ങളുടെ മാതാപിതാക്കളെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതുപോലെ പിശാജ് നിങ്ങളെ വശത്താക്കിക്കൊള്ളാതിരിക്കട്ടെ അവരുടെ വസ്ത്രങ്ങൾ അവൻ അവരിൽ നിന്ന് നീക്കം ചെയ്തു അവരുടെ രഹസ്യഭാഗങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്കാനായി തീർച്ചയായും അവൻ നിങ്ങളെ കാണുന്നു അവൻറെ കൂട്ടരും നിങ്ങളെ കാണുന്നു എന്നാൽ നിങ്ങളവരെ കാണുകയില്ല വിശ്വസിക്കാത്തവർക്ക് പിശാജുക്കളെ കൂട്ടുകാരാക്കി മാറ്റിയിരിക്കുന്നു